നിങ്ങളിൽ മരണപ്പെട്ടവരും ഭാര്യമാരെ അവശേഷിപ്പിച്ചവരും നാലു മാസവും പത്തു ദിവസവും അവർ തങ്ങളെത്തന്നെ കാത്തിരിക്കട്ടെ അവർ അവരുടെ കാലാവധി പൂർത്തിയാക്കിയാൽ മാന്യമായ രീതിയിൽ അവർ തങ്ങൾക്കായി ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് യാതൊരു കുറ്റവുമില്ല നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് അള്ളാഹുസുബാനഹുവ ആല സൂക്ഷ്മമായി അറിയുന്നവരാണ്